കുറച്ച് വർഷം കഴിയുമ്പോ ഇതാണ് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ വേണ്ടി കിടന്നില്ലേ അതേപോലെ ഓരോ സ്ഥാനങ്ങളും എന്ന് വെച്ചാൽ അതിനേക്കാളും വിഷമം ഈ അസത്ത് പിടിക്കും നമ്മളെ ഒരു സ്ഥാനത്തിൽ കയറിയിരിക്കണം എന്ന ആഗ്രഹം അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ അതിലുള്ള ആഗ്രഹം പോയി പക്ഷെ അതൊട്ടു വിടാനും പറ്റണില്ല അതിലവിടെ കുടുകയും ചെയ്തു അവിടെ ഒന്നും ഇല്ലാന്ന് അറിഞ്ഞാലും വിടാൻ വയ്യ ഇതാണ് അസത്തിന്റെ സ്വഭാവം അസത്ത് അത് വിഷമിപ്പിക്കും പക്ഷെ ശാശ്വതമായ ഒരു തൃപ്തി നമുക്ക് തരുകയും എന്നാലോ എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മളെ വിട്ടുപോവുകയും ചെയ്യും ലോകത്തിലുള്ള ശകല നമ്മൾ വിട്ടിട്ടില്ലെങ്കിലും അത് നമ്മളെ വിട്ടിട്ടു പോകും പണമാവട്ടെ സ്ഥാനമാനങ്ങളാവട്ടെ എന്തിനു പറയണു എന്റെ തന്നെ ശരീരമാവട്ടെ ഈ ശരീരം തന്നെ എന്നെ വിട്ടുപോകും നമുക്ക് എന്തിലൊക്കെ പിടിപാടുണ്ടോ അതൊക്കെ വിട്ടുപോകും വിട്ടുപോകും എന്ന് അറിയുന്നത് കൊണ്ട് അതൊരു പേടിയുമുണ്ട് അല്ലേ നമുക്ക് ബന്ധുക്കളൊക്കെ നമ്മൾ വിട്ടുപോവുമോ ഒരു ഭക്തൻ ഒരു മഹാത്മാവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു സ്വാമി നല്ലൊരു യോഗിയാണ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു സ്വാമി എനിക്കെന്റെ അമ്മയോട് വല്ലാത്ത അറ്റാച്ച്മെന്റാണ് അമ്മയ്ക്ക് ഇപ്പോൾ പത്ത് എഴുപത്തിയഞ്ച് വയസ്സായി ഒരു പത്ത് വർഷം കൂടെ എന്റെ അമ്മ ജീവിക്കണം എന്നാണ് അനുഗ്രഹം ചെയ്യുന്നത് അല്പം കൂടെ ജീവിച്ച് വയസ്സായി മരിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര കണ്ട് ദുഃഖം ഉണ്ടാവില്ല പക്ഷെ അമ്മ ഈ മരിച്ചു പോകുമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് വിഷമം തോന്നുന്നു അതുകൊണ്ട് ഒരു പത്ത് വർഷം കൂടെ അമ്മ ജീവിക്കണം എന്ന് അങ്ങ് എനിക്ക് അനുഗ്രഹിക്കണം ആശീർവദിക്കണം സ്വാമി പറഞ്ഞു ആട്ടെ ഞാൻ ആശീർവദിക്കാം അമ്മ ഒരു പത്ത് വർഷം കൂടെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കാം പക്ഷേ തന്റെ കാര്യമോ ആലോചിച്ചതേ ഇല്ല ഈ ഒരു ആലോചനയെ പോയില്ല അമ്മ പത്ത് വർഷം ജീവിക്കണം എന്നുള്ള വരം ചോദിക്കുമ്പോ തന്റെ കാര്യം ആലോചിച്ചതേയില്ല താൻ അന്നത്തെ ദിവസം രാത്രി മരിക്കുകയാണെങ്കിലോ നോക്കണം ഇത് ഇത് ഇത് കാര്യം വരെ ഇത് പതുക്കെ പതുക്കെ പതുക്കെ ജ്ഞാനത്തിന് കൊണ്ടുപോയി അദ്ദേഹത്തിന് ആ ശിഷ്യൻ സമാധിസ്ഥനായിട്ടിരുന്നു ഈ അനുഭവ ഈ ഒരു ചോദ്യത്തിന് ശേഷം ആ കാര്യത്തിലേക്ക് നമുക്ക് ഇപ്പൊ കിടക്കണമെന്ന് ആ ശിഷ്യനെ ഈ ചോദ്യം ചോദിച്ചതോടുകൂടെ അയാളെ കൊണ്ട് പതുക്കെ ആലോചിപ്പിച്ചു എന്തുകൊണ്ട് അമ്മ മരിച്ചു പോകും തോന്നിയ ആ ഭയം താൻ മരിക്കും എന്ന് തോന്നാത്തത് എന്തേ അമ്മ ദൃശ്യവസ്തുവായതുകൊണ്ട് നാച്ചുറലായിട്ട് തന്നെ സഹജമായിട്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു വിവേകം പറയണു ഈ കാണുന്നതൊക്കെ പോകും അതുകൊണ്ട് ഒരു പേടി പക്ഷേ താൻ കാണപ്പെടുന്ന വസ്തുവല്ലാത്തതുകൊണ്ടും താൻ സാക്ഷിയായിട്ടുള്ളതായിട്ടുള്ളതുകൊണ്ടും താൻ ബോധസ്വരൂപിയായതുകൊണ്ടും തനിക്ക് മരണമില്ല എന്നുള്ള തത്വം സഹജമായിട്ട് എല്ലാവർക്കും ജ്ഞാനത്തിലുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ജ്ഞാനികളാണെന്ന് പറഞ്ഞത് അജ്ഞാനികളെ ഇല്ല അതുകൊണ്ടാണ് ആർക്കും അവനവന്റെ മരണത്തിനെ കുറിച്ച് ഭയമേ ഇല്ല പക്ഷേ അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അജ്ഞാനമാവും ശരീരം ഭരിക്കില്ല ശരീര ശരീരത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണേയില്ല ആകപ്പാടം കൂടി കഴിഞ്ഞിരിക്കാം അപ്പൊ തന്റെ മരണത്തിനെ കുറിച്ച് അല്പവും ചിന്ത ഉണ്ടായില്ല അമ്മ മരിച്ചുപോവോ എന്ന് പേടി കാരണം എന്താ കാണുന്നതൊക്കെ വിട്ടുപോകും എന്ന് അറിയാം പക്ഷെ അമ്മയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ശരീരമോ ഈ ശരീരവും വിട്ടുപോകും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല സകല പദാർത്ഥങ്ങളും നമ്മളെ വിട്ടുപോകും നമ്മളുടെ ശരീരം വിട്ടുപോകും നമ്മളുടെ അറിവുകളൊക്കെ നമ്മൾ വിട്ടുപോകും ഇതൊക്കെ അസത്താണ് അതുകൊണ്ട് അസത്തിനെ വെച്ചുകൊണ്ട് ശാശ്വതമായി നമുക്ക് ആർക്കും സുഖിക്കാൻ കഴിയത്തിനെ ഇപ്പൊ ആരോഗ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ എന്തൊക്കെ ശാസ്ത്രങ്ങളുണ്ട് നമ്മൾ വിചാരിച്ചാൽ ഒട്ട് സാധിക്കൂല നിരന്തരമായിട്ട് ഇതിനാരോഗ്യമായി വെച്ചുകൊണ്ട് ജീവിക്കാനും ഒട്ട് സാധിക്കില്ല എന്നെങ്കിലും ഒരു ദിവസം ചതിക്കും വിട്ടുപോകും അപ്പൊ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ശാസ്ത്രം എന്ത് ജീവിതം अब ई शरीर एहत विश्वसा वोक अद असत् असत् असत् अद असत्संगम असत् संघं अभाव रूप ना सो विद्य भाव ना अभाव विद्य सत असति भावमी असत्र सुख तेजी तरल പക്ഷേ അസത്ത് ഉണ്മയാണെന്നും ദേഹം മുതലായിട്ടുള്ള വസ്തുക്കൾ ഉണ്മയാണെന്നും അത് ഞാനാണെന്നും ഒരു ഭ്രമം ഈ ഭ്രമം നീങ്ങാ നീങ്ങാത്തിടത്തോളം കാലം നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ദുഃഖം ബാക്കി നിൽക്കും എന്തൊക്കെ ചെയ്താലും ദുഃഖം ബാക്കി നിൽക്കും അതാണ് മോഹം എന്ന് പറയുന്നത് മോഹം അവിദ്യ ആ അവിദ്യ ബാക്കി നിൽക്കും എന്തൊക്കെ ചെയ്താലും ഭഗവാന്റെ അടുത്ത് പോയാലും ഭഗവാൻ ചെയ്യുന്ന വലിയ അനുഗ്രഹം എന്താ ഈ മോഹത്തിനെടുത്ത് മാറ്റാനാണ് അപ്പൊ അസത്വമായിട്ടുള്ള സംഘം മോഹം കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് ആർക്കും അസത്വമായിട്ട് സംഘമില്ല ദേഹബോധം ദേഹബോധം എന്നൊരു വാക്ക് എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട് വാസ്തവത്തിൽ ദേഹബോധം ഉണ്ടാവാനേ സാധ്യമല്ല ദേഹത്തിന് ബോധമില്ല ബോധത്തിന് ദേഹമില്ല ബോധം സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സത്ത ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ ദേഹത്തിന്റെ അംശമേയില്ല പക്ഷെ ദേഹത്തിന് ബോധവുമില്ല ദേഹം ഒരിക്കലും ഞാൻ എന്ന് പറയുന്നില്ലല്ലോ ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്ന് ദേഹം ഒരിക്കലും ഞാൻ എന്ന് പറയുന്നില്ല ദേഹത്തിൽ ബോധമില്ല കൈ മുറിച്ചു മാറ്റിയാൽ ഈ കൈ ഞാൻ എന്ന് പറയില്ല കാല് മുറിച്ചു മാറ്റിയാൽ ഈ കാല് ഞാൻ എന്ന് പറയില്ല തല തന്നെ മുറിച്ചു മാറ്റിയാൽ തല ഞാൻ എന്ന് പറയില്ല ഇതൊക്കെ ജഡപദാർത്ഥങ്ങള് അസത്താണ് പക്ഷെ ഇതൊക്കെ കൂടെ കൂടി ഇവിടെ ഇരിക്കുമ്പോ അതിനകത്ത് ഇരുന്നു കൊണ്ട് മറ്റൊരു വസ്തു ഇത് എന്റെ ദേഹമാണ് ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഇതാണ് മോഹം ഈ മോഹം നീക്കാത്തടത്തോളം കാലം നമുക്ക് ശാശ്വതമായ ഒരു ശാന്തി ഒരു സുഖം പൂർണ്ണ തൃപ്തി ഏർപ്പെടുകയേ ഇല്ല ഈ മോഹത്തിനെ നീക്കുകയുണ്ട് വേറെ ഒന്നും വേണ്ട വാസ്തവത്തിൽ ഇല്ലാത്തതായ ഒരു ഭ്രമത്തിനെ നീക്കുക അതിനാണ് സത്സംഗം സത്സംഗത്തിന്റെ പ്രയോജനമേ അതാണ് സത്സംഗത്തിൽ നമ്മൾ കേൾ കയറിക്കൂടുമ്പോ ആദ്യമായിട്ട് ഇത്രകാലം ലോകത്തിൽ കേൾക്കാത്ത ഒരു കാര്യം നമ്മൾ കേൾക്കും നമ്മളിൽ അവിദ്യ ബലവത്താണെങ്കിൽ അതിനെ നമ്മൾ ചിലപ്പോ എതിർക്ക് ആദ്യമായി കേൾക്കണ കാര്യം എന്താ ഈ ശരീരം ഞാനല്ല എന്നുള്ള കാര്യം ഇത് എവിടെ കേൾക്കണോ അതാണ് സത്സംഗം ബാക്കി നിങ്ങൾ എന്ത് കഥ കേട്ടോളൂ എന്തൊക്കെ തന്നെ കേട്ടോളൂ അതൊന്നും നമ്മളെ രക്ഷിക്കാൻ പോണില്ല ഈ ദേഹം ഞാനാണെന്ന് ധരിക്കുന്നിടത്തോളം കാലം ഒന്നും രക്ഷിക്കില്ല അതാണ് നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ അടുത്ത് പ്രാർത്ഥിച്ചു നാരായണീയത്തിൽ അവസാനം വരെ ഗുരുവായൂരപ്പ എന്റെ വാദരോഗം മാറ്റി തരൂ രോഗം മാറ്റി തരൂ രോഗാൻമേ നാശയ പവനപുരപതെ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ ഭട്ടതിരിക്ക് അവസാനമാവുമ്പോ അല്പം തോന്നിയിട്ടുണ്ടാവണം ഈ രോഗം മാറിയാ നാളെ വേറെ രോഗം അല്ലേ ാരോ മരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണ് വെള്ളച്ചാട്ടമുണ്ടല്ലോ എവിടെയാ നയഗ്ര വാട്ടർഫാൾസ് ചാടി അത്രേ എന്നിട്ട് മരിച്ചില്ല അത്രേ റോഡിൽ പോകുമ്പോൾ പഴത്തോലിൽ ചെറുക്കി വീണിട്ട് മരിച്ചു എന്നാണ് അവിടുന്ന് മരിച്ച മരിച്ചതുകൊണ്ട് മരിക്കാതിരിക്കാൻ പോണില്ല വേറെ എവിടെങ്കിലും ഒക്കെ പോയി മരിക്കും ഒരു രോഗം മാറിയാ വേറെ ഒരു രോഗം വരും അവസാനം അതുകൊണ്ട് ഭട്ടതിരി കണ്ടിട്ടുണ്ടാവണം ഗുരുവായൂരപ്പന അവസാനം ഭട്ടരരിയോട് ചോദിച്ചിട്ടുണ്ടാവും എന്താ ഭട്ടേരി വെറുതെ രോഗം മാറ്റൂ രോഗം മാറ്റൂ യഥാർത്ഥ രോഗമെന്താ അപ്പോഴാണ് ഭട്ടവരി അവസാനം പറയണത് ഹീഹീമേ ദേഹമോഹം ചജ പവനപുരാധീശ യസ് പ്രേമഹേതോ ഗേഹേ വിത്തേ കലത്രാദിഷു ച വിവശിതാ ത്വദം വിസ്മരന് സോയം വന്നേ ശുനോ വരമിതപരതാം ചി കർണവജിഹ്വാദ്യകർഷന്തി അവശമതഗിതകോപിന് അവസാനമാവുമ്പോ വട്ടഗിരി പറഞ്ഞു ദേഹമോഹം തജ പവനപുരാധീശ ഈ ദേഹത്തിന്റെ വ്യാധി മാറ്റിത്തരണം മാറ്റിത്തരണം നമ്മുടെ മഹർഷി പറഞ്ഞ പോലെ ശരീരമേ ഒരു വ്യാധി അതിന് വ്യാധി വന്നാൽ വ്യാധിക്ക് വ്യാധി വന്നു എന്ന് പറയണം ശരീരമേ വ്യാധി എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്നെങ്കിലുമൊക്കെ വിട്ടുപോകുവേ പിന്നെന്ത് കാര്യം ശാശ്വതമായിട്ട് അതിനെ വെച്ചുകൊണ്ട് വ്യാധി വരാതെയോ ആരോഗ്യത്തോടുകൂടിയോ സുഖത്തോടുകൂടിയോ ഒട്ടും ജീവിക്കാൻ സാധ്യല്ല അതുകൊണ്ടാണ് ദേഹം മോഹം തെജ എന്ന് പറഞ്ഞത് ഈ ദേഹത്തിനോടുള്ള മോഹം ഇത് ഞാനാണെന്നും ഇത് എന്റേതാണെന്നും ഇത് എനിക്ക് വേണ്ടിയാണെന്നും ഉള്ള ഭ്രമം മൂന്ന് തരത്തിലുണ്ട് ഭ്രമം ഈ അഹങ്കാരം മൂന്ന് ബ്രാഞ്ചായിട്ട് പിരിഞ്ഞു നിൽക്ക മൂന്ന് ശാഖകൾ ഒന്ന് ഈ ദേഹം ഞാനാണ് രണ്ട് ഈ ദേഹം എന്റെയാണ് മൂന്ന് ഈ ദേഹം എനിക്ക് വേണ്ടിയാണ് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു നോക്കിക്കൊള്ള ഈ മൂന്ന് ശാഖകളിൽ പിരിഞ്ഞ് നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും ഈ മൂന്ന് ശാഖകളും മുറിഞ്ഞു പോകുന്നിടത്തോളം കാലം ദുഃഖം ജ്ഞാനം ഒന്നും കൊണ്ടുവരണ്ട സാക്ഷാത്കാരമൊന്നും കൊണ്ടുവരണ്ട സാക്ഷാത്കാരം ഒക്കെ ഇപ്പൊ സാക്ഷാത്തായിട്ടുണ്ട് അപരോക്ഷമാണ് ആത്മ സാക്ഷാത് അപരോക്ഷാദ് ബ്രഹ്മ ആത്മാവ് എപ്പോഴും നമുക്ക് സിദ്ധമാണ് പക്ഷേ ഈ ദേഹം അതിന്റെ മേലെ കയറിയിരുന്നിട്ട് ഈ ദേഹം ഞാനാണ് ഒന്ന് ദേഹം എന്തിനാണ് മൂന്നാമത്തത് ദേഹം എനിക്ക് വേണ്ടിയാണ് ഇത് മൂന്നും അസത്യമാണ് ഈ അസത്യത്തിനെ ആശ്രയിച്ചോണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് സത്തിന്റെ പിടിയേ കിട്ടില്ല ഈ അവിദ്യ ഈ കാണാനാണ് സത്സംഗം ദേഹം ഞാനാണ് ദേഹം എന്റെയാണ് ദേഹം എനിക്ക് വേണ്ടിയാണ് ദയവ് ചെയ്ത് ആരും ഞാൻ വേദാന്തം പറയാണെന്ന് വിചാരിക്കരുത് വേദാന്തമല്ല ഇത് നമ്മളുടെ ജീവിതം ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ദുഃഖം മാറിക്കിട്ടുകയേ ഇല്ല സാധ്യമേ അല്ല ആദ്യത്തെ അവിദ്യ ഈ ദേഹം ഞാനാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാം കുറച്ച് കേട്ടിട്ടുള്ളവർക്ക് തന്നെ അറിയാം ദേഹത്തിന് ഒരിക്കലും ഞാൻ എന്നുള്ള ഒരു പ്രജ്ഞയേയില്ല ദേഹത്തിന് ശരീരത്തിൽ ഒരിടത്തും ഞാൻ എന്നുള്ള കാണാനില്ല തികച്ചും വ്യത്യസ്തമാണ് ഞാൻ അനുഭവം ദേഹത്തിൽ നിന്ന് ദേഹം കാണപ്പെടുന്ന വസ്തുവാണ് ദേഹം മൃണ്മയവതി ഘടാത്മകം ഘടാത്മകം ഘടാത്മകം ദേഹം മൃണ്മയവത് ജടാത്മകം അഹംബുദ്ധിർന്ന തസ് അസ്ഥി ഒരു മൺകുടം പോലെ വെറും ജഡമാണ് ഈ ദേഹം അതിനൊരിക്കലും ഞാൻ എന്നുള്ള പ്രജ്ഞയില്ല അതോ നാഹം തത് ഈ ദേഹം ഞാനല്ല ചെറിയ കുട്ടികൾക്കും പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവും ഒരു ആന്ധ്രക്കാരൻ ഒരു പ്രൊഫസർ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കുട്ടി മൂന്ന് നാല് വയസ്സുള്ള കുട്ടി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് രമണ മഹർഷിയെ അദ്ദേഹം വന്ന് നമസ്കരിച്ചു ഒരാഴ്ച കാല ആശ്രമത്തിൽ താമസിച്ച് മഹർഷി ദിവസം ഈ കുട്ടിയെ അടുത്ത് വിളിച്ച് ഇന്ദിരാന്ന് പേര് ആ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് കുട്ടിയെ ആദ്യം കാണാതെ പഠിപ്പിച്ചു എന്താ ദേഹം നാഹം പറയൂ കുട്ടി പറയും ദേഹം നാഹം കോഹം സോഹം ഹം കോഹം സോഹം ഈ മൂന്ന് വാക്കുകള് പഠിപ്പിച്ചു എന്നിട്ട് പതുക്കെ പതുക്കെ ആ കുട്ടിയോട് ചോദിച്ചു കുഞ്ഞേ ഈ ശരീരം ആണോ ഈ എന്ന് പറയണത് ഈ കയ്യെ എന്റെ കയ്യാണ് കൈ ഞാനാണോ കാല് ഞാനാണോ തല ഞാനാണോ മനസ്സ് ഞാനാണോ ദേഹം നാഹം ഈ ദേഹം ഞാനല്ല ഇത് ജഡമാണ് പിന്നെ ഞാൻ ആരാണ് അനത്ത് ചോദിച്ചു നോക്കൂ ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ എന്താണത് എന്താണ് ഉള്ളെന്ന് ഞാൻ ഞാൻ ഞാൻ എന്ന് നിരന്തരം ജപിക്കുന്നത് ഈ ജപം എവിടുന്നുണ്ടാവുന്നു അനുസ്യൂത ജപം നടക്കണമല്ലോ ഞാൻ ഞാൻ എന്ന് ഉപനിഷത്ത് പറയുന്നു ആദ്യമായി ഭഗവാൻ ഉച്ചരിച്ച ഒരു നാമം അഹം നാമാഭവത്ത് എന്നാണ് ഉള്ളിലെ അഹം എന്ന് പൊന്തി അതെന്താണ് കോഹം അപ്പൊ അഹങ്കാരം ഉദിക്കുന്നത് എവിടെയോ അവിടെ അടങ്ങും ഉദിക്കുന്ന സ്ഥാനത്ത് അടങ്ങുമ്പോ അവിടെ അവശേഷിക്കുന്ന നിശ്ചലത നിശ്ചലതത്വം അത് അവിടെ ഭാസിക്കും ആ ഭാസിക്കുന്നത് എന്തോ അവശേഷിക്കുന്നത് എന്തോ അതാണ് യഥാർത്ഥമായ ഉണ്ണയായ എന്റെ സ്ഥിതി സോഹം ഈ കൊച്ചുകുട്ടിക്ക് പതുക്കെ പതുക്കെ പഠിപ്പിച്ചു ആശ്രമത്തിലുള്ളവരൊക്കെ ചിരിക്കും അത്രേ ഭഗവാന് വയസ്സായിട്ടുള്ളവർക്ക് മനസ്സിലാവണില്ല ഈ നാലു വയസ്സ് കുട്ടിയെ ഇങ്ങനെ ഇരുത്തി ദേഹം നാഹം കോഹം സോഹം പഠിപ്പിക്കണമല്ലോ അത് കേൾക്കുമ്പോ മഹർഷി ഉം ഉം ഉം വെറുതേ പറഞ്ഞു മൂളികൊണ്ട് അവസാനം ഒന്ന് രണ്ടാഴ്ച അവിടെ താമസിച്ച് ഇവര് ആന്ധ്രയിലേക്ക് പുറപ്പെടുമ്പോ മഹർഷി മലയുടെ മുകളിലേക്ക് അരുണാചലത്തിന്റെ മുകളിലേക്ക് നടക്കാൻ പോകുമ്പോ ഈ കുട്ടിയും കൂട്ടിക്കൊണ്ട് പോയി നമസ്കരിച്ചു നമസ്കരിച്ചപ്പോ ആ കുട്ടി ഇങ്ങനെ ഇത് പറയുന്നുണ്ട് ദേഹം നാഹം കുട്ടിക്ക് വടി കൊണ്ട് ഒരു അടി കൊടുത്തു മഹർഷി അടി കൊടുത്തിട്ട് പറഞ്ഞു മറക്കാതെ ഉം എന്തു മറന്നാലും ീ ഉപദേശം മറന്നുകളും നീ നെന്റെ സ്ഥലത്തേക്ക് പോകൂ ഞാൻ എന്റെ സ്ഥലത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അരുണാചലത്തിലേക്ക് കയറി പോയി കുറച്ചാഴ്ചകൾക്കകം ആ കുട്ടി മരിച്ചു മരണ സമയത്ത് വേറെ ഉപദേശം നമ്മളെ രക്ഷിക്കും ആ കുട്ടിക്ക് അവിടെ ഒരു ടോംബ് ഉണ്ടാക്കി വെച്ച് എഴുതി വെച്ചിട്ടുണ്ട് ദേഹം നാഹം കോഹം സോഹംന്ന് മരണം മുമ്പില് വരുമ്പോ അവസാനത്തെ ടീച്ചറാണ് മരണം അതിനു മുമ്പ് പ്രകൃതിയുടെ പല ശക്തികളും നമ്മളെ ചില പാടുമൊക്കെ പഠിപ്പിക്കും പണം കൊറച്ച് ശേഖരിച്ചു വെച്ചാൽ ആ പണമൊക്കെ പോകുമ്പോ ഇത് നമ്മളുടെയല്ല കുറച്ച് മനസ്സിലാവും ബന്ധുക്കളെയൊക്കെ പിടിച്ചു പിടിച്ച് വെക്കുമ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകുമ്പോ ഇതൊന്നും വാസ്തവം അപ്പോഴും ഒരു ഭ്രമം നിൽക്കും ഈ ദേഹം എന്റെ കൂടെ നിൽക്കും എന്നാണ് അതും കൊണ്ടുപോകാൻ അയാള് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ചോദിക്കുമ്പോ ആണ് വിഷമം ഇത് എന്റെ ആണെന്ന് കരുതിയിരുന്നതാണ് ഇത്രയും എന്റെ ഞാനല്ല എന്ന് കരുതി എന്റെ ആണെന്നൊരു ഭ്രമം ഉണ്ടാവും അപ്പൊ അയാള് പറയൂ ഇതെന്ന് എന്റെ അല്ലാട്ടോ ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോ ഉള്ള വിഷമം വിട്ടുപോകണമെങ്കിൽ ഇത് എന്റെ അല്ല എന്നറിയണം നമേദേഹ ഈ ദേഹം എന്റെ അതാണ് ശുഭബ്രഹ്മ മഹർഷി ഭാഗവതത്തിലും പരീക്ഷത്തിനോട് അവസാനം പറഞ്ഞു പരീക്ഷിത്തെ ഈ തത്വം അറിഞ്ഞിട്ട് ദേഹത്തിനെ തച്ചകന് കൊടു കൊണ്ടുപോട്ടെ എന്നാ അയാൾക്ക് ദേഹമല്ലേ വേണ്ടത് ആത്മാവിനെ ആർക്കും സ്പർശിക്കാൻ കഴിയില്ല തക്ഷകൻ ശരീരത്തിനെ കൊണ്ടുപോയി എരിച്ചു കളയട്ടെ ഭസ്മമാക്കട്ടെ അപ്പൊ ദേഹം ഞാനല്ല പിന്നെ ദേഹം എന്റെയല്ല എന്റെയല്ല പ്രകൃതിയുടെയാണ് ദേഹം എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ ഇത് ഫോർമേഷനായത് ഞാൻ ആവശ്യപ്പെട്ട പോലെയാണോ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് ഞാനാണോ ഉണ്ടാക്കിയത് ഇതിനുള്ള ഒരു പ്രവർത്തനവും എനിക്കറിയില്ല ഇതിനകത്ത് എന്ത് സംഭവിക്കണോ ഒന്നും അറിയില്ല പ്രകൃതിയിൽ അനേകവിധ മാറ്റങ്ങൾ വരുന്ന പോലെ ദേഹത്തിലും പലതും വരുന്നു ഒന്നും എനിക്കറിയില്ല കണ്ണാടി നോക്കിയിട്ടില്ലെങ്കിൽ തലനരച്ചത് അറിയില്ല മീശമുളയ്ക്ക് കിളർക്കണത് അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് സന്യാസികൾ കണ്ണാടി നോക്കില്ലാന്ന് പറയണം നോക്കാൻ പാടില്ലാന്നാണ് നോക്കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വരാം സന്യാസികൾ കണ്ണാടി നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് താനല്ലാത്തതിനെ കാണുകയാണെ താനല്ലാത്തതിനെ കാണല സന്യാസി എന്നുള്ളത് കൊണ്ട് ആ ദേഹാഭിമാനം വിടാൻ വേണ്ടിയിട്ടുള്ള വഴി പറയാ അപ്പൊ അത് നോക്കുമ്പോ വീണ്ടും വീണ്ടും തന്റെ ശരീരത്തിന് ഓർമ്മ വരുമല്ലോ അപ്പൊ ദേഹം കണ്ണാട നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാം മറ്റുള്ളവരുപണം പറയാം മുഖത്ത് കരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറിയൂ എന്റേതാണെങ്കിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യവും ഈ ദേഹത്തിലില്ല വ്യാധി വരണോ വരണ്ടോ എന്ന് പറയാൻ സ്വാതന്ത്ര്യമില്ല ഇത് വെളിച്ചദേഹമാവണോ കറുത്തദേഹമാവണോ എന്ന് പറയാൻ സ്വാതന്ത്ര്യമില്ല തലമുടി ചുരുണ്ടത് വേണോ നീണ്ടത് വേണോ എന്ന് പറയാൻ സ്വാതന്ത്ര്യം ഇല്ല നമ്മളുടെ പഠിക്കുമ്പോ കോളേജ് പഠിക്കുമ്പോ ഒരു കുട്ടിക്ക് നീണ്ട മുടി അദ്ദേഹത്തിന് ചുരുണ്ടതാവണമെന്ന് ഒരുപാട് ആഗ്രഹം പല ഡോക്ടർമാരുടെ അടുത്തും പോയി എന്തൊക്കെയോ മെഷീന് വെച്ചു അവസാനം പളിച്ചെന്ന് കണ്ണാടി പോലെ ആയി തല എളുപ്പത്തല കണ്ടി നോക്കണം തന്റെ അല്ലാത്തത് ഒരു സ്വാതന്ത്ര്യമല്ല ചുരുണ്ടത് നീട്ടാണോ നീട്ടത് ചുരു നീട്ടിയത് നീണ്ടു നിൽക്കണത് ചുരുട്ടാനോ വഴിയില്ല വെളുത്തത് കറുപ്പിക്കാൻ വഴിയില്ല വായിൽ പല്ല് കുറച്ച് ഓരോന്നായി ഇറ്റുപോകുമ്പോൾ ഒരു വഴിയില്ല ആർട്ടിഫിഷ്യലായിട്ട് വേണമെങ്കിൽ വെക്കുമായിരിക്കും നമ്മൾ പക്ഷെ ആ നൃത്തം നീ ദേഹം എന്റേതല്ല എന്ന് ഓരോ സ്റ്റെപ്പും പഠിപ്പിക്കാണേ ഓരോ സ്റ്റെപ്പും പ്രകൃതി പറയുകയാണ് ഇത് എന്റെ അല്ല രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ഭഗവാനെ ധ്യാനിക്കാനിരിക്കുമ്പോ കൊതുക് കഠിക്കണു എന്ത് ചെയ്യണം മഹർഷി പറഞ്ഞു കൊതുക് നിന്റെ അടുത്ത് എന്താ പറയണത് ഈ ദേഹം നീ അല്ല ദേഹം നീയല്ല ദേഹം നിന്റേതല്ല ഇതിലെ രക്തം എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞു ഓരോരിക്കെ കടിക്കുമ്പോഴും ഓർമ്മിച്ചുകൂടാതെ ർത്തുള്ള അപ്പൊ ഓരോന്നും പ്രകൃതിയിലെ ഓരോ ശക്തിയും നമ്മളെ ഒരേ പാഠമേ പഠിപ്പിക്കുള്ളൂ ഈ ദേഹം ഞാനല്ല അത് പഠിപ്പിച്ചേ അടങ്ങൂ നമ്മൾ പഠിപ്പിക്കാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിലും പഠിപ്പിക്കും വ്യാധി വന്നിട്ട് പഠിപ്പിക്കും ദുഃഖം വന്ന് പഠിപ്പിക്കും വിയോഗം പഠിപ്പിക്കും സംയോഗം പഠിപ്പിക്കും ഇതൊക്കെ പഠിപ്പിക്കും അവസാനം ഈ തത്വം പഠിപ്പിച്ചേ അടങ്ങൂ എന്റെ അസത്തിനെ പിടിവിടണം അസത്തിനെ പിടിവിട്ടാ മതി സത്വ സ്വതന്ത്രം ഉണ്ട് അസത്തിനെ പിടിവിടാം അപ്പൊ ദേഹം നാഹം നമേദേഹ ഇനി അവസാനമുള്ള അവിദ്യ എന്താ അറിയോ എനിക്ക് സുഖിപ്പിക്കാനും എന്റെ കർമ്മങ്ങൾ ചെയ്യാനും ഉള്ളതാണ് ഈ ദേഹം എന്നാണ് അപ്പോഴും ഈ അഹങ്കാരം രീതിയിൽ സൂക്ഷ്മമായിട്ട് നിൽക്കണു അതും വിട്ടു കഴിയുമ്പോൾ ഇത് ഭഗവാന്റെ കയ്യിൽ വെറും യന്ത്രം ണങ്ങിയല കാറ്റില് പറക്കണോ പോലെ ഈശ്വരൻ എന്ത് ചെയ്യിപ്പിക്കണോ ചെയ്യട്ടെ എന്റെ സ്വാതന്ത്ര്യം ഇല്ലായത് എനിക്ക് വേണ്ടിയുള്ളതല്ല അതാണ് പരോപകാരാർത്ഥം ഇതം ശരീരം പരോപകാരം അടുത്ത വീട്ടുകാരന്റെ ജോലി ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിലല്ല പരഉപകാരാർത്ഥം ആ ഭഗവാൻ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ അതിൽ നമ്മളുടെ സങ്കല്പമൊന്നും പരോപകാരാർത്ഥം എന്ന് പറഞ്ഞ് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കരുത് സങ്കല്പത്തിനെ നീക്കിയാലേ സത്യം പിടികിട്ടുള്ളൂ അതുകൊണ്ട് സങ്കല്പം നീക്കാൻ ഭഗവാന്റെ കയ്യിൽ യന്ത്രം ഭഗവാൻ എന്ത് വേണീ ചെയ്യട്ടെ ഈ ശരീരം വെച്ചോളൂ ഈശ്വരൻ എന്ത് ചെയ്യണോ ചെയ്യട്ടെ ഭഗവാന്റെ കയ്യിൽ വെറു യന്ത്രം അപ്പൊ ഇത് ഇങ്ങനെ ദേഹം ആദ്യത്തെ ദേഹം ഞാനല്ല രണ്ടാമത്തെ ദേഹം എന്റെ അല്ല മൂന്നാമത്തെ ദേഹം എനിക്ക് വേണ്ടിയല്ല ീ മൂന്നും തെളിഞ്ഞാൽ ആത്മാനുഭവം നമുക്ക് സ്വതന്ത്രം നമുക്ക് അസത്തിനോടുള്ള പിടിവിട്ടുപോയി അഭാവരൂപമായിട്ടുള്ള അസത്ത് സ്വയമേവ അടങ്ങും അഭാവത്തിന്റെ ലക്ഷണം തന്നെ സ്വയമേവ ഇല്ലാതാവണത് എന്നാണ് അതിനെ ഇല്ലാതാക്കാൻ പ്രയത്നിച്ചാൽ അത് നിന്നുകൊണ്ടേയിരിക്കും കാരണം ഈ പ്രയത്നിക്കുമ്പോ തന്നെ അതിനെ സ്വീകരിച്ചുകൊണ്ടുപോകണം പ്രയത്നിക്കാനേ ഇല്ലാത്തതിനോട് ശണ്ട ഇല്ലാതാക്കാൻ പറ്റില്ല ശണ്ട കൂടും നിൽക്കും ഇല്ലാത്തതിനെ വിട്ടാൽ അത് തനിയെ പോകും പലതും നോക്കിക്കൊള്ളാം നമ്മുടെ മനസ്സിൽ പല വൈഷമ്യങ്ങളും അതെ ഒരു വർഷം മുമ്പ് എനിക്ക് ചില വൈഷമ്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെ പോയി ഇന്നലെ എനിക്ക് ദേഷ്യം വന്നു അതിപ്പോ എവിടെ ഇന്ന് രാവിലെ ദേഷ്യം വന്നു അതിപ്പോ എവിടെ പോയി നേരെ മറച്ച് ഞാൻ ഓർത്തോണ്ടേയിരുന്നാലും എനിക്ക് രാവിലെ ദേഷ്യം രാവിലെ ദേഷ്യം വരാൻ പാടില്ലായിരുന്നു വന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ നിന്നുകൊണ്ടേയിരിക്കും അതിനെ ഇല്ലാതാക്കണം ദേഷ്യത്തിനെ ഇല്ലാതാക്കണം അതിനെന്താ വഴി അപ്പൊ എന്താ രാവിലെ ഒമ്പത് മണി മുതൽ ഒമ്പതേ അഞ്ച് വരെ വന്ന ദേഷ്യം ഒമ്പത് ദിവസം കഴിഞ്ഞാലും പോവില്ല ഒമ്പത് ദിവസം കഴിഞ്ഞ് ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഒമ്പതേ വരെ ഞാൻ ദേഷ്യപ്പെട്ടു ഇത് പത്താം തീയതി എടുത്തു നോക്കിയിട്ട് കരയാണ് പോവില്ല നേരെ മറിച്ച് അത് വിട്ടു കഴിഞ്ഞാൽ അത് തനിയെ വിട്ടുപോകും അസത്തിന് ഭാവമില്ല അസത്തിനെ സ്വീകരിക്കാതിരിക്ക അസത്ത് ശരീരത്തിന്റെ പ്രവൃത്തി ലോകത്തിൽ നടക്കുന്നതൊന്നും വാസ്തവമായിട്ട് കരുതാതിരിക്ക അത് കരുതാതെ അതിനെ ഉപേക്ഷിച്ചാൽ അസത്ത് പോകും സത്തിനെ ശ്രദ്ധിക്കണം സത്തിനെ കർമ്മം ചെയ്തുണ്ടാക്കാൻ പറ്റില്ല സത്തിനെ ശ്രദ്ധിക്കണം അതാണ് അടുത്തപടി സത്തിനെ ശ്രദ്ധിക്കുക സത്സംഗത്തിൽ ആദ്യത്തെ ഉപദേശം എന്താ സത്തല്ലാത്തതൊന്നും വാസ്തവമായിട്ട് നിൽപ്പില്ല അതൊന്നും ഞാനല്ല ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല രണ്ടാമത്തെ ഉപദേശം എന്താ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം നിത്യാനുഭൂത നിജലാഭം എന്ന് ഭാഗവതം ഇതിന് പറയുന്നു നിത്യാനുഭൂതമായ വസ്തുവിനെ ലഭിക്കണം നിത്യാനുഭൂതമാണ് എല്ലാവർക്കും അനുഭവത്തിലുണ്ട് പക്ഷെ കിട്ടണില്ല അതിന്റെ മേലെ തന്നെയാണ് ഇരിക്കുന്നത് കിട്ടണില്ല തെരുവിൽ ഒരു പികക്കാരൻ ഒരു ഗവൺമെന്റ് ഓഫീസിന്റെ മുമ്പില് തകരപ്പെട്ടിയുടെ മുകളിൽ ഇരുന്ന് നാൽപ്പത് വർഷമായിട്ട് ഭിക്ഷ പോകുന്നവരോടും വരുന്നവരോടും ഒരു നാലെണ്ണ തരുവോന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം അപ്പൊ ഒരു ദിവസം ഒരാൾ പറഞ്ഞു ആ പെട്ടി ഒന്ന് തുറന്നു നോക്കൂ ഇയാള് പറഞ്ഞു എനിക്കറിയില്ലേ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഈ പെട്ടിയുടെ മേലെയായിരിക്കണത് എനിക്കറിയില്ലേ അതിലൊന്നുമില്ല ആട്ടെ എപ്പോഴെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ ഏയ് തുറന്നു നോക്കേണ്ട ആവശ്യം ഒന്നുമില്ല നാപ്പത് വർഷമായിട്ട് ഞാൻ ഈ പെട്ടിയുടെ മേലെ ഇരിക്കുന്നു പിന്നെ എന്താ അറിയാ നാൽപ്പത് വർഷമല്ല നാനൂറ് വർഷം ഇരുന്നാലും നാലായിരം വർഷം ഇരുന്നാലും തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ കിട്ടില്ല തുറന്നു നോക്കൂ സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവസാന അയാള് പെട്ടി തുറന്നു നോക്കിയപ്പോ അതിൽ നിറയെ സ്വർണ കാശാണ് അതിന്റെ മേലെ ഒരു തകരപ്പെട്ടി വെച്ചിട്ട് അതിന്റെ മേലെ ഇരുന്നാണോ പോകുന്നവരോടും വരുന്നവരോടും നാലെണ്ണ ചോദിച്ചോണ്ടിരിക്കണം ഇതുപോലെ പരമസത്യത്തിന്റെ മേലെ കയറിയിരുന്നു കൊണ്ട് എന്ന് വെച്ചാൽ ആ സത്യമേ സ്വരൂപമായി ഇരുന്നുകൊണ്ട് ഒരു നിധി ആ നിധിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഗൃഹസ്ഥം പായസം തെക്ക് ഭിക്ഷാമഠ ദുർമതിഹീന വീട്ടിലെ പായസത്തോടെ ചാപ്പാട് വിട്ടിട്ട് തെരുവില് എച്ചിരുതിന്നാണ് തന്റെ സ്വരൂപത്തിനെ വിട്ടിട്ട് പുറമേക്ക് കൈനീട്ടിക്കൊണ്ട് നിൽക്കുക ീർത്ത് അരുൾ അരുണാചല ഭഗവാൻ രമണ മഹർഷി അക്ഷരമണമാതയില് ഒരു പാട്ടിൽ പറയുന്നു തേടാതെ ഉച്ചണൽ തിരുവരുൾ നിധി അല്പം പോലും തേടാതെ തെരഞ്ഞു നടക്കാതെ കിട്ടിയ വലിയ നിധി എന്താ നിധി നമ്മുടെ സ്വരൂപം ഒരു പ്രയത്നം കൂടാതെ നമുക്ക് സിദ്ധിച്ചിട്ടുള്ള നിധി ആത്മാ ആത്മാവാകുന്ന നിധി അതിനെ എന്ത് ചെയ്യാൻ പറ്റും സ്വീകരിക്കണം അത്രേ ഉള്ളൂ സ്വീകരിക്കുന്നത് കാര്യം നടന്നു പോകും പലതും കർമ്മം കൊണ്ട് നടക്കാത്തത് സ്വീകാര്യ സ്വീകരണം കൊണ്ട് നടക്കും അല്ലേ എത്രയോ കാലമായിട്ട് കാണാത്ത ഒരു സ്ത്രീയും പുരുഷനും കണ്ടിട്ടില്ല ജാതകം നോക്കി കല്യാണത്തിന് തീരുമാനിച്ചു കല്യാണ പന്തൽ ഇത് ഭർത്താവാണ് ഭാര്യയാണെന്ന് അന്ന് രാത്രി മുതൽ അച്ഛനും അമ്മയോടും പോലും ഇല്ലാത്തൊരു ബന്ധം എവിടുന്നു വന്നു അഭ്യാസം ചെയ്തുണ്ടാക്കിയതല്ല അഭ്യാസം ചെയ്തു വരില്ല ധ്യാനിക്കണോ അടുത്ത ദിവസം മുതൽ എന്റെ ഭാര്യയാണോ ഇത് എന്റെ ഭാര്യയാണ് ഇത് ഭർത്താവാണ് ധ്യാനിക്കണോ ചിലതൊക്കെ സ്വീകരിച്ചാൽ വന്നു പോകും നാച്ചുറലാണത് ചില ഈ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചിലർ പറയാം അത് സ്ത്രീ പുരുഷ ബന്ധം നാച്ചുറലായിട്ട് ഉള്ളതുകൊണ്ട് സ്വീകരിച്ചത് കൊണ്ട് വന്നു അതേപോലെ ആത്മാവിനോടുള്ള ബന്ധം നാച്ചുറലാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിനേക്കാളും നാച്ചുറലാണ് അത് സ്വീകരിച്ചാൽ തന്നെ നടന്നു പോകും കാര്യം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ആർക്കാണ് ഇല്ലാത്തത് രണ്ടാമത്തെ പടി അതാണേ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ആർക്കാണ് ഇല്ലാത്തത് അതാണ് നിത്യ അനുഭൂതം എന്ന് പഞ്ചമസ്കന്ധത്തിൽ ഭാഗവതത്തില് പറഞ്ഞു നിത്യ അനുഭൂത നിജ ലാഭം നിത്യ അനുഭൂതം എല്ലാവർക്കും നിത്യനിരന്തര അനുഭൂതം എല്ലാവർക്കും ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരേ ഒരു അനുഭൂതിയേ ഉള്ളൂ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതി അതുണ്ട് എന്നുള്ള അനുഭൂതി ഉണ്ടായിട്ട് എന്താ കാര്യം ഈ ചോദ്യം ചോദിക്കുന്നത് എന്താ അതിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അതാണ് അടുത്ത വാക്ക് നിജലാഭം ഇതിനെയാണ് ഭക്തി എന്ന് പറഞ്ഞത് മുക്തി ദാതി കർഹിച്ചു ഭക്തിയോഗം എന്ന് പറഞ്ഞ ശ്ലോകത്തിന്റെ അടുത്ത ശ്ലോകമാണിത് മുക്തി കൊടുത്തുപോകും പക്ഷെ ഭക്തി കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഭക്തി എന്താണ് എന്ന് സംശയം വന്നാൽ പുറമേക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്നിനെ ഭജിക്കാനല്ല നിത്യാനുഭൂത നിജലാഭ നിവൃത്ത കൃഷ്ണാണ് നിത്യവും അനുഭവിക്കുന്ന ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നമ്മൾ അനുഭവിക്കുന്ന നിജവസ്തു നിജബോധം അതിനെ ലഭിക്കണം കിട്ടിയിട്ടുണ്ട് പക്ഷെ ലഭിക്കണം ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചാലും പോരാ ശ്രദ്ധിക്കണം ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം നതു സാധനാവാൻ സാധനയല്ല ഇവിടെ കാര്യം ശ്രദ്ധ ശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ദേഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒക്കെ വ്യതിരീക്തമായിട്ട് അനുഭവപ്പെടുന്ന അഹമഹമഹം എന്നുള്ള അനുഭവം അതുമാത്രം അനുഭവം ആ അനുഭവത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു അപ്പൊ എന്താവുന്നു രണ്ടാമത്തെ പടി നിസ്സംഗത്വം താനല്ലാത്തതിലൊക്കെ ഉള്ള സംഘം വിട്ടുപോയി താനല്ലാത്ത ദേഹം മനസ്സിലുള്ള സംഘം പതുക്കെ വിട്ടുപോയി അതൊക്കെ സാക്ഷിയായിട്ട് നിന്ന് കാണുന്നു ഞാൻ പക്ഷെ സംഘം വിട്ടുപോയാലും മോഹം നിൽക്കും മോഹം എന്താ ഈ ശരീരമൊക്കെ ഉണ്മയാണോ എന്ന് ഇത് ഞാനല്ല എന്നാലും ഉണ്ട് അതും വിട്ടുപോണതാണ് നിർവോഹത്വം ഈ ബോധം മാത്രമാണ് ഉണ്മയായിട്ടുള്ളത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാത്രം സത്യം ബാക്കിയൊക്കെ ദൃശ്യപദാർത്ഥങ്ങൾ ഉണ്മയല്ല സ്വപ്നത്തിൽ ഇല്ലാതാവുന്നു ഈ ശരീരം സുഷുപ്തിയിലില്ലാതാവുന്നു മനസ്സ് ശരീരവും മനസ്സും ഒന്നും മനസ്സിന്റെ എന്തൊക്കെ കോപ്രായങ്ങൾ മനസ്സ് കാട്ടിയാലും നമുക്കൊരു കാര്യം ഓർമ്മിച്ചാൽ മതി ഈ കോപ്രായങ്ങളൊന്നും തന്നെ സുഷുപ്തി അവസ്ഥയിലില്ല സുഷുപ്തിയിൽ ഞാനുണ്ടായിരുന്നു ഈ കോപ്രായങ്ങൾ കാട്ടാത്ത കാട്ടുന്ന മനസ്സപ്പില്ലാതായപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു അതേ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല അപ്പൊ ഇതൊന്നും യഥാർത്ഥത്തിൽ എന്നിലില്ല മനസ്സിലാണുള്ളത് ഏറ്റവും വലിയ ദുഃഖം വന്നാൽ പോലും ആ ദുഃഖം മനസ്സിലാണുള്ളത് സുഷുപ്തി അവസ്ഥയിലും ഏതൊരു ഞാൻ ഉണ്ടായിരുന്നു ആ ഞാനിൽ ഇതൊന്നുമില്ല അപ്പൊ ഇതൊക്കെ മനസ്സിന്റേതാണ് എന്റേതല്ല ഞാനോ സ്വതന്ത്രമായ സദ്വസ്തു ആ പ്രജ്ഞയിൽ ഇതൊന്നുമില്ല അപ്പോ മനസ് ശരീരം ബുദ്ധി ഇതൊന്നും ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന അറിവ് ജ്ഞപ്തി അവബോധം അതാണ് ഞാൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോ നിർമോഹത്വേ നിശ്ചലതത്വം ചലിക്കാതെ നിത്യസർവഗതസ്ഥാണു അചലോയം സനാതന ആത്മാവ് നിത്യമാണ് എപ്പോഴും അനുഭവത്തിലുള്ളതാണ് സർവകഥ നമ്മുടെ അനുഭവ മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് സാണു തൂണുപോലെ ചലിക്കാതെ നിൽക്കുന്നു അചലഹ അതിൽ ചലനമൊന്നുമില്ല എന്നാൽ എല്ലാ ചലനവും അതിലാണ് നടക്കുന്നത് എല്ലാ ചലനവും അതിൽ നടക്കുന്നു അതിൽ ചലനമൊന്നുമില്ല സനാതനഹ ശാശ്വതമായ വസ്തുവാണ് അപ്പോ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി ആ നിശ്ചലമായ ആത്മവസ്തു താനാണ് അതാണ് താൻ എന്ന് ഉറപ്പുവരുമ്പോ ജീവിച്ചിരിക്കുമ്പോ തന്നെ മുക്തി എന്നുവെച്ചാൽ ശരീരത്തോടെ വസിക്കുമ്പോ തന്നെ മുക്തി അതൊന്ന് അറിഞ്ഞാൽ തത്വജ്ഞ അത് നല്ലവണ്ണം ഉറപ്പുവന്ന് വാസനകളൊക്കെ ക്ഷയിച്ചാൽ ജീവൻമുക്തി തമിഴില് ശൈവ സിദ്ധാന്തത്തിൽ ഇതിനൊരു ഉദാഹരണം പറയും വിളാംബം എന്നൊരു പഴമുണ്ട് ഈ കേരളക്കാർക്കൊന്നും മനസ്സിലാവണില്ല പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിപ്പിക്കുന്ന ശ്രമം നിർത്തി പാലക്കാടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല തമിഴ്നാട്ടിൽ ധാരാളം കിട്ടും ക്രിക്കറ്റ് ബോൾ പോലെ ഉണ്ടാവും കാർക്ക് ബോൾ പോലെ ഉണ്ടാവും അത് നല്ല ഗ്രേ കളറില് നല്ല ബലമായിരിക്കും അതിന്റെ ചിരട്ടയ്ക്ക് തേങ്ങയുടെ നാളികേരത്തിന്റെ ചിരട്ട പോലെ ബലമുണ്ടാവും ഉള്ളില് ജാങ് പോലെ ഉണ്ടാവും അല്പം പുളിപ്പം ഉണ്ടാവും അപ്പൊ ഈ വിളാരങ്ങ മലയാളത്തിലെ വിളാരങ്ങ എന്നാണ് അതിന് പറയുക അതാണ് കവിത്തം കവിത്ത ജംബൂഫലസാര ഭക്ഷിതം കവിത്വം ഈ കവിത്വം ആന വിഴുങ്ങു അത്ര അത് കവികൽപ്പനയാണോ വാസ്തവാണോന്ന് സത്സംഗത്തിൽ ജ്ഞാനികളുടെ സംഘത്തിൽ പോയിട്ട് കുറച്ചു വസിച്ച് തിരിച്ചു വരുന്ന ആള് അയാളെ ഉദാഹരിക്കാൻ പറയുന്നതാണത് ഈ കവിത്വം ഈ വിളാരങ്ങ അതാണ് കവിത്ത ജംബൂഫലസാര ഗണേശൻ ആന അല്ലേ ആന വിഴുങ്ങിയ വിളാമ്പഴം എന്നൊരു ചൊല്ലുണ്ട് ഈ ആന വിഴുങ്ങി വിസർജിക്കും ഈ വിളാമ്പഴം ഈ വിളാരങ്ങ ആന വിസർജിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുന്ന ബ്ലാരങ്ങ അതേപോലെ ഉണ്ടാവും അത്ര കാണാൻ വിഴുങ്ങിയ പോലെ തന്നെ വിസർജിക്കും കണ്ട പക്ഷെ പൊറിച്ചു നോക്കിയാൽ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ആന ഉള്ളിലുള്ളത് മുഴുവൻ പുറമേക്ക് വരുമ്പോ അത് പുറമേക്ക് തൊണ്ട് അതേപോലെ ഉണ്ടാവും ഉള്ളിലുള്ളതൊക്കെ പോയിട്ടുണ്ടാവുന്ന ഇത് കവികൽപ്പനയായിരിക്കാം വേറെ ചിലർ പറഞ്ഞു ആന എന്നുള്ളത് ഒരു വ്യാധി